അധ്യം നാല് പാദം മൂന്ന് അഞ്ച് വിദുഷാം തുഷ്ടി അനുഭവാദി ദർശന പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ കാണും ആത്മബോധം അതിൻ്റെ ഫലത്തെക്കുറിച്ചാണോ അവിടെ പറയുന്നത് മുമ്പും പറഞ്ഞത് ഫലം തന്നെയാണ് അഭേദ പ്രാപിക്കുന്നു പാപബോധത്താൽ പരിതപിക്കുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു അത് എങ്ങനെയുള്ള ആത്മബോധം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഈശ്വരബോധമാണോ അതും മുമ്പ് പറഞ്ഞു ഏതൊരു ബോധമാണോ അവന് നിരാകാംക്ഷ ഉണ്ടാക്കുന്നു അവൻ്റെ ആകാംക്ഷ എല്ലാം ബോധം ആത്മബോധം അപ്പോൾ അങ്ങനെ ഒരു ബോധമുണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്ന് ഞാനൊന്നുമ്പോൾ പറഞ്ഞു അത് സാകാരനായ സഗുണനായ ഒരു ഈശ്വരനെ കുറിച്ചുള്ള ധാരണയിൽ നിരാകാംക്ഷ അത് വേദത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ട് അവന് നിരാകാംക്ഷ ഉണ്ടാകത്തില്ല അതാണ് ഇവിടെ പറയുന്നത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടവർക്ക് മനസ്സിലായവരും കാണും മനസ്സിലാകാത്തവരും കാണും കേൾക്കാത്തവരും കൂടെ കാണും ഇപ്പോൾ ഒരു പുതിയ ആൾക്കൂട്ടമാണ് കോവിഡ് ആൾക്കൂട്ടമാണ് അതുകൊണ്ട് അതൊരു ഒരു നമ്മളൂടെ പറയുന്നുണ്ട് ദോഷം വരത്തില്ല എന്ന് കരുതുന്നു എന്താണ് വിദ്വാൻമാരുടെ തുഷ്ടി അനുഭവം എന്ന് പറയുന്നത് തുഷ്ടി എന്ന് മാത്രമല്ല തുഷ്ടി അനുഭവാദി ഈ ആത്മതത്വത്തെ അറിയുന്നവന് ഈ പറയുന്ന സപുണനായ ഈശ്വരനെ അറിയുന്നതിൽ നിന്ന് ഉള്ള വ്യത്യാസം എന്താണ് ഉണ്ട് പാപബോധമില്ലാതിരിക്കുക ഭയം അതെല്ലാം ഒരു നിഷേധാത്മകമായി പറയാണ് അതേല്ല ഇല്ല എന്ന് പറയുമ്പോൾ നെഗറ്റീവായി പറയുകയാണ് ഭയമില്ല പാപബോധമില്ല ഇവിടെ അങ്ങനെയല്ല തിരിച്ചു പറയുന്നത് അവന് സന്തുഷ്ടിയുണ്ട് എന്തുണ്ടെന്നുകൂടെ എന്തില്ല എന്ന് പറയുന്നത് പോലെ കാര്യമാണ് എന്തുണ്ടെന്ന് പറയുന്നത് അവന് സന്തുഷ്ടിയുണ്ട് ശാന്തിയുണ്ട് അങ്ങനെ പറയുമ്പോൾ ശാന്തി സമാധാനം തുഷ്ടി സന്തുഷ്ടി എല്ലാം ഫലത്തിലൊന്നല്ല അത് എങ്ങനെ ഈ തത്വത്തെ അറിയുന്നവന്റെ അനുഭവമാണ് അപ്പോ സഗുണനായ ഒരു ഈശ്വരനെ നിരാകരിച്ചിട്ട് പരമാർത്ഥ തത്വമായ ഈശ്വരനെ ബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലമായി വാഷുതാരം പറയുന്നത് അത് ബോധിക്കുന്ന ഒരുവൻ്റെ അനുഭവമായി വരുന്ന സന്തുഷ്ടിയാണ് ഫലമായിട്ട് പറയുന്നത് അതോ മറിച്ച് ഒരു സഗുണനായ ഈശ്വരനെ ആണ് സന്തുഷ്ടി ഉണ്ടാകത്തില്ല ഉണ്ടാകും പിന്നെന്താ അതുപോലെ പോരാ എന്തുകൊണ്ട് എന്താണ് ഏത് ശരി സന്തുഷ്ടി രണ്ടിടത്തും ഉണ്ടല്ലോ ആകാംക്ഷ ഇരുന്നോട്ടെന്താ കൊഴപ്പം അതേന്ന് തന്നിൽ നന്യമല്ലാന്നറിയുന്നതാണ് പരമാർത്ഥം അതറിഞ്ഞാലും സന്തുഷ്ടിയുണ്ട് ഇനിയും ഒരു സാകാരനായ സഗുണനായ ഒരു ദേവനെ ഭജിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്താൽ സന്തുഷ്ടി കിട്ടത്തില്ലേ ഭയവും പോകും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് ഉണ്ടായാലും പോകാത്തത് ഭയം പോകത്തില്ല ഭക്തന്മാരെന്തോ പറയുന്നു ഭാഷികാരൻ്റെ അനുഭവത്തിൽ നിന്നും ഉണ്ടാ പറയുന്നത് ഇവിടെ പറയുന്ന സന്തുഷ്ടി നിർഭയത്വം എല്ലാം ഈ തത്വത്തെ അറിയുന്നവന് മാത്രമേ ഉള്ളൂ അല്ലാത്തവർക്കില്ല അവരുടെ അക്കൗണ്ടിൽ ഇത് ചേർക്കാൻ പറ്റത്തില്ല എന്നാണ് ഭാഷകാരന്റെ അഭിപ്രായം ആരോപിച്ചു സംശയമുണ്ടോ ഉണ്ടോ സംശയിക്കേണ്ടതാണല്ലോ പിന്നെന്താ സംശയിക്കാത്തത് എന്താ അങ്ങനെ സംഭവിക്കുക എന്നുള്ള കാര്യം ഭാഷകാരന്റെ അഭിപ്രായങ്ങളിലൂടെ എഴുതി വെച്ചിരിക്കുകയല്ലേ വിദുഷാം തുഷ്ടി അനുഭവാ ദർശനം തുഷ്ടി സന്തോഷം അല്ല ഇത് പറയുന്ന അതോ അതാണ് ഞാൻ ചോദിച്ചത് ഭാഷകാരന്റെ സിദ്ധാന്തം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത് ഭക്ഷുകാരൻ എന്ത് പറയുന്നു ബാക്കിയുള്ളവർ പറയും ഇപ്പൊ എല്ലാവരും പറയും എന്താണ് ഏത് വഴിക്ക് പോയാലും അഭയമാണ് മുക്തിയാണ് അതാരും അവരുടെ പക്ഷത്തിൽ ആരും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല പക്ഷെ ഭക്ഷിക്കാരൻ ഇവിടെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നറിയാനാണ് ഞാൻ ചോദിച്ചത് എന്താണ് ഇതിൻ്റെ വിശേഷത അതുകൊണ്ട് ഇവിടെ പറയുന്ന തുഷ്ടി സന്തോഷം സന്തുഷ്ടി നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് നമ്മളെപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ് സന്തുഷ്ടി അപ്പോൾ ആ സന്തുഷ്ടി എന്ന് പറയുന്ന ഫലമായി പറയാൻ വേണ്ടിയിട്ട് ഭാഷ്യകാരൻ സഗുണനായ ഈശ്വരനെ നിരാകരിച്ചു സാക്കാരനായ ഈശ്വരനെ നിരാകരിച്ചു സർവജ്ഞനും സർവശക്തനുമായ ഗുണങ്ങളോടുകൂടി ഇരിക്കുന്ന ഈശ്വരനെ നിഷേധിച്ചിരിക്കുന്നു അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്വൈതത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം അതായത് സഗുണനും നുമായ ഈശ്വരൻ എന്നു വച്ചാൽ ലോകം അറിയുന്ന ഈശ്വരൻ ലോകം ആരാധിക്കുന്ന ഈശ്വരൻ ആ ഈശ്വരനെ നിഷേധിച്ചു ഭാഷകാരൻ പക്ഷെ ആ ഒരു ഈശ്വരനെ നിഷേധിച്ചുകൊണ്ട് ഭാഷ്യകാരൻ നാസ്തികനല്ല ആണോ ഈശ്വരനെ നിഷേധിക്കുന്നത് കൊണ്ട് ഭാഷകാരൻ ഒരിക്കലും നാസ്തികനല്ല നാസ്തികൻ എന്നും ഭാഷകാരൻ പറയുന്ന ഈശ്വരൻ നിഷേധം തമ്മിൽ വ്യത്യാസം നാസ്തികവാദമുണ്ട് എന്താണ് വ്യത്യാസം എന്താണ് നാസ്തികവാദി പറയുന്നത് ജഗത്തിന്റെ സൃഷ്ടികർത്താവായി ഒരു ഈശ്വരനില്ല ജഗത്തിൻ്റെ കാരണം നമുക്ക് അറിയില്ലായിരിക്കാം എന്നാലും അതിൻ്റെ കാരണമായി ഒരു ഈശ്വരനെ സ്വീകരിക്കാൻ സാധ്യമല്ല അതോടുകൂടി ഈശ്വരൻ തീർന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പോയല്ലോ ജഗത്തിൻ്റെ സൃഷ്ടിക്കൊരു ഈശ്വരൻ്റെ ആവശ്യമില്ല അത് അവർ പറയുന്നെന്താണോ അങ്ങനെ ഒരു കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതിൻ്റെ പിന്നിലൊരു ഈശ്വരൻ ഉണ്ടെന്ന് അങ്ങനെ ഒരു ഈശ്വരന് അംഗീകരിക്കാൻ കഴിയത്തില്ല അതാണ് നാസ്തികവാദത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടെങ്കിൽ നിങ്ങളത് ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തുക യുക്തിയിൽ ബോധ്യപ്പെടുത്തുക ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് അവരുടെ നിലപാട് അതാണ് നാസ്തികവാദം നാസ്തിക യുക്തിവാദം എന്നെല്ലാം പറയുന്ന അതാണ് പക്ഷുകാരൻ്റെ നിലപാടെന്താണ് ജഗത്തിൻ്റെ സൃഷ്ടികർത്താവായി ഒരു ഈശ്വരൻ ഉണ്ട് അതാണ് പക്ഷുകാരൻ്റെ സിദ്ധാന്തം അത് നാസ്തികവാദമാണോ ണോ പിന്നെന്താ ഇപ്പൊ നിഷേധിക്കുന്നത് അങ്ങനെ ഒരു ഈശ്വരന് ഉഞ്ഞാ എന്ന് പറയാം അങ്ങനെ പറയുന്നത് ശരിയാണ് താൻ ഈശ്വരനെ ഇല്ലെന്ന് പറഞ്ഞത് പരമാർത്ഥമല്ല ഉണ്ടെന്ന് പറഞ്ഞെന്തിനു തന്നൂടെ സമാനം പറയണ്ടേ ജഗത്തിൻ്റെ സൃഷ്ടികർത്താവായി ഒരു ഈശ്വരനുണ്ട് ജന്മാന്ത ശാസ്ത്രയോനിത്വം അതവിടെ കഥ പറഞ്ഞു എന്തിനു പറഞ്ഞു ഭാഷകാരം പറയുന്നത് ആ പറഞ്ഞിരിക്കുന്നത് മൂഢന്മാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഈശ്വരനെ അംഗീകരിക്കുന്നത് ഈശ്വരന്റെ തത്വത്തെ ബോധിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ ഈശ്വരന്റെ തത്വത്തെ ബോധിക്കാൻ കഴിയാത്ത ഒരു ഭാഷകാരൻ എന്ത് അജ്ഞാനി മൂഢൻ അപ്പൊ അങ്ങനെ ഒരു ഈശ്വരനെ അവതരിപ്പിക്കുന്നത് ആ മൂഢന്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് അവന് ഭജിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല പറയുന്നു ഗോവിന്ദം ഭജ മൂഢന്മാരോടാണ് പറയുന്നത് ഈശ്വരനെ ഭജിക്കാൻ ബുദ്ധിയുള്ളവരോടത്താണോ പക്ഷികാരൻ തന്നെ എഴുതി വെച്ചു നമ്മൾ വിശ്വസിക്കുന്ന ഒന്നാണ് അപ്പോ ഒരാൾക്ക് സംശയം വരും ഞാൻ ബുദ്ധിമാനാണ് ഞാൻ ഈശ്വരനെ ഭജിക്കണോ വേണ്ടേ ഇപ്പൊ രണ്ടിൽ ഒന്ന് തീർത്ത് പറയും എനിക്ക് ബുദ്ധിയുണ്ട് ഞാൻ മൂഢനല്ല ഞാൻ മൂഢനാണെന്ന് ആരെങ്കിലും സമ്മതിക്കും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷികാരൻ പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദമ്പജ മൂഢമതേ മൂഢബുദ്ധിയുള്ളവനെ ഇനി ഗോവിന്ദനെ ഭജിക്കുമെന്നാണ് പതിനെട്ടാം തീയതി സമാനം പറയുന്നത് മൂഢൻ എന്ന് പറയുന്നത് സാധാരണ അർത്ഥത്തിലല്ല ചില ഈ ന്യൂ ഏജ് ഗുരുക്കന്മാരൊക്കെ പറയും ഭാഷകാരൻ മൂഢനെന്ന് വിളിച്ച് ആക്ഷേപിച്ചു മനുഷ്യരെ ആ മൂഢന്മാർ മനസ്സിലാക്കിയ രീതിയിലല്ല ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നു ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ പറയുന്ന സൂക്ഷ്മമായ സ്വാത്മഭൂതമായിരിക്കുന്ന ആ പരമാർത്ഥ തത്വത്തെ ഈശ്വരനാണെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തതുമുണ്ട് എന്നുവെച്ചാൽ മൂഢത എന്ന് പറയുന്നത് ഭൗതികമായൊരു മൂഢതയല്ല അത് നിങ്ങളുടെ ബുദ്ധി സാമർത്ഥ്യത്തെയോ ഭൗതികമായ അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന മൂഢതയല്ല മറിച്ച് തൻ്റെ സ്വരൂപമായിരിക്കുന്ന തത്വത്തെ പരമാർത്ഥ തത്വത്തെ അറിയുന്നില്ല എന്നുള്ള മൂഢതയാണ് ആ മൂഢതയോട് പറയുന്നു അപ്പം അങ്ങനെ അറിയാതിരിക്കുന്നിടത്തോളം കാലം താനുണ്ട് ജഗത്തുണ്ട് അതിൻ്റെ സൃഷ്ടികർത്താവായി ഒരു ഈശ്വരനുണ്ട് അതുകൊണ്ട് ആ ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമാണ് അങ്ങനെയുള്ളൊരു ഈശ്വരനെ ആ മൂഢൻ ആരാധിക്കാം ആരാധിക്കണം അതണവൻ്റെ മുക്തിമാർഗം മുക്തിക്കുള്ള മാർഗം അതാണ് മുക്തിക്കുള്ള മാർഗമല്ല ശ്രേയസനും പ്രേയസനും എല്ലാം ഉള്ള വഴി അതാണ് അത്തരത്തിലൊരു സഗുണ സാകാരനായ ഈശ്വരനെ ഭാഷകാരൻ ഇത് വളരെ വ്യക്തമായി ധരിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഭാഷ്യക്കാരനെ ഒരു നാസ്തിക യുക്തി അപ്പോൾ അങ്ങനെയുള്ളൊരു മൂഢൻ പരമാർത്ഥ തത്വത്തെ അറിയാത്ത ഒരു മൂഢൻ ഈശ്വരന് ഭജിക്കുന്നു അവനാസ്തികനാണ് അവന് തുഷ്ടിയില്ലേ ഉണ്ടോ പിന്നെ ഇവിടെ എന്താ ഇവിടെയും ദുഷ്ടിയുടെ കാര്യം എന്താ പറയാ ആ അങ്ങനെ പറയാമോ അതായത് ഈ പറയുന്ന മൂഢന്റെ തുഷ്ടി എന്ന് പറയുന്നത് അത് താത്കാലികമാണ് അതാ ആ തുഷ്ടി എന്ന് പറയുന്നത് ചെന്ന് അവസാനിക്കുന്ന എവിടെ മുക്തിയിൽ ആ മുക്തി താത്കാലികമാണ് ഇതാണ് ഭാഷകാരൻ പറയുന്നത് അതുകൊണ്ട് ആ തുഷ്ടിയും താത്കാലികമാണ് അവനൊരിക്കലും നിത്യതൃപ്തി എന്തെന്നുള്ളവന് മനസ്സിലാക്കാൻ കഴിയത്തില്ല ഇതാണ് ലോകത്ത് കാണുന്നതും അങ്ങനെ തന്നെയാണ് ആ എന്തൊക്കെ തത്വങ്ങൾ പറഞ്ഞാലും ശരി മനുഷ്യരെല്ലാം ഈ സഗുണ ഈശ്വരനെ ആശ്രയിക്കുന്നു ആരാധിക്കുന്നു ഏത് മതത്തിലായാലും പക്ഷെ ആർക്കും ഈ പറയുന്ന നിത്യശാന്തി അനുഭവിക്കാൻ കഴിയും ഉണ്ടോ ഉം സംശയമുണ്ടോ ആർക്കെങ്കിലും സംശയമുണ്ടോ അത് പറഞ്ഞ ശരിയാ അതാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞത് എന്താണോ എല്ലാവർക്കും അവരവരുടേതായ രീതി അനുസരിച്ച് മുക്തിയുണ്ട് എല്ലാവർക്കും ഉണ്ട് ഭാഷികാരൻ പറയുന്നത് അത് ഭാഗവതം വേണ്ട വേദം തന്നെ ഉണ്ടല്ലോ അവിടെ വേദത്തെ വെച്ചുകൊണ്ടാണ് ഭാഷികാരൻ ചിന്തിക്കുന്നത് ഭാഷകാരന് ഭാഗവതത്തെ കുറിച്ച് അറിവില്ലായിരുന്നു അതുകൊണ്ട് വേദത്തെ വെച്ച് ചിന്തിക്കുന്നത് അവിടെയാണ് ഈ രണ്ടു പക്ഷമുള്ളത് ഭാഗവതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലാവും ഭാഗവതം രാമായണം മഹാഭാരതം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ പൊട്ട കഥകളാണെങ്കിൽ എന്തായാലും അതുകൊണ്ട് മുക്തി കിട്ടുവന്നു പറയുന്നവർക്ക് പോലും ഉറപ്പുള്ള കാര്യമില്ല മറിച്ച് അതിൽ ഏതെങ്കിലും ചില തത്വങ്ങളാണ് പറയുന്നതെങ്കിൽ അതേത് തത്വം എന്ന് പരിശോധിക്കണം അങ്ങനെ തത്വത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ അതെന്തിലേക്ക് വരും ഭാഷ്യകാലം പറയുന്നത് തത്വത്തിലേക്ക് വരുന്നു പക്ഷെ സാറിൻ്റെ ഭാഗവതം പറയുന്നവരത് പറയാറില്ല കാരണം അത് പറഞ്ഞാൽ പിന്നെ ആളെ കിട്ടത്തില്ല നമ്മൾക്ക് എപ്പോഴും ഓഡിയൻസ് ആണല്ലോ പ്രധാനമായ പ്രശ്നം ഓഡിയൻസിലെങ്കിൽ പിന്നെ ഇതിനൊന്നും വിലയില്ല അപ്പം ഭാഗവതം എന്ന് പറയുമ്പോൾ അങ്ങനെ മൊത്തം പറയാൻ പാടില്ല അല്ല ഏത് ഭാഗം എങ്ങനെ അതിൻ്റെ തത്വഭാഗമാണോ അതോ കഥകളാണോ തത്വമാണെങ്കിൽ അത് തന്നെ ഇവിടെയും പറയും പക്ഷേ നമ്മൾ വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുന്നത് എന്തിനെയാണോ കഥകളെയാണ് ഭഗവതത്തിലേക്ക് പോക പോകേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം സാധാരണ മനുഷ്യൻ നമ്മൾ പണ്ഡിതന്മാരുടെ കാര്യമൊന്നും കൊടുക്കണ്ട ഈശ്വരനെ ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് പല ആവശ്യങ്ങളും കൊണ്ട് അത് സാധിക്കണം അതിനാണ് ലോകത്തെങ്ങനെയാണ് നടക്കുന്നത് പുസ്തകം തേടി വെച്ചിരിക്കുന്നത് എന്തോ രണ്ടാമത് അവൻ്റെ പ്രശ്നങ്ങൾ അതിൽ വരുന്ന അവനീ അവൻ്റെ ജീവിതായോധനം അതിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗവതൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അല്പം വഴിമാറി സഞ്ചരിക്കുന്നത് ഇവിടെ ഭാഗവത്തിൻ്റെ ആൾക്കാർ കൊണ്ട് അതിനുവേണ്ടിയിട്ടാണ് അവൻ എവിടെ പോകുന്നത് ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നു അത് അവസാനം എവിടെ ചെന്ന് അവസാനിക്കുമെന്നും ഒന്ന് ആലോചിച്ചാൽ ഭയങ്കര രസകരമാണ് ഗുരുവായൂരപ്പനെ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു വഴിപാടുകളെല്ലാം നടത്തുന്നു തിരിച്ചുവരുന്നു എന്താ പ്രയോജനം അവന് തുഷ്ടിയുണ്ടായി ഈ പറയുന്നതന്നെ അല്ലേ അവനവിടെ പോയി അതൊക്കെ ചെയ്തു പ്രാർത്ഥിച്ചപ്പോൾ അവന് തുഷ്ടിയുണ്ടായി അവൻ തിരിച്ചും വരുന്നു ഒന്നവൻ്റെ കർമ്മ മണ്ഡലത്തിലേക്ക് ഇടപെടുന്നു അങ്ങനെ ഇടപെടുമ്പോ വീണ്ടും അവൻ്റെ യുദ്ധം തുടരുന്നു വീണ്ടും അവന് അവിടെ പലതും നേടാനുണ്ട് വീണ്ടും അവന് പ്രശ്നങ്ങളുണ്ട് അപ്പം തുഷ്ടിയുണ്ടോ അവിടെ ഏ ഉണ്ടോ ഉറപ്പാണോ പറഞ്ഞ പെർമനന്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ താത്കാലികമായിട്ടില്ല നിങ്ങളെന്ത് മനസ്സിലാക്കി ഞാൻ ചോദിച്ചെന്നുള്ള ഉത്തരം പറയുന്നു പെർമനന്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉത്തരം പിന്നെ താൽക്കാലികമായിട്ടില്ല നീ ചോദ്യം ഉത്തരമായിട്ട് എന്താ ബന്ധം നിങ്ങൾക്ക് പോലും മനസ്സിലായി ില്ല അവന് തുഷ്ടിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് പറയാം ഏ നേരെ ഡയറക്റ്റ് ഉത്തരം പറയണം ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാത്ത രീതി ചെയ്തില്ല എനിക്ക് ചിലപ്പോൾ നിങ്ങളിത്തിരി ഉളഞ്ഞു പറഞ്ഞാലും മനസ്സിലാവും എന്തുകൊണ്ടില്ല വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എവിടേക്ക് ഗുരുവായിരപ്പൻ്റെ ദിവ്യമായ സന്നിധിയിലേക്ക് അവൻ അവിടെ നിന്ന് ആ തുഷ്ടി അവൻ നേടിയെങ്കിൽ പിന്നെ പോകും ആവശ്യമാണല്ലോ അവനവിടെ എത്തിച്ചത് അവന് തുഷ്ടിയില്ലാത്തത് കൊണ്ടാണ് വീണ്ടും അവൻ പഴയതുപോലെ ആകുമ്പോഴാണ് അവൻ ഗുരുവായൂർ അവൻ്റെ സന്നിധിയിൽ പോകുന്നു വീണ്ടും പ്രാർത്ഥിക്കുന്നു വീണ്ടും തുഷ്ടി നേടുന്നു വീണ്ടും തിരിച്ചു വരുന്നു വീണ്ടും നഷ്ടപ്പെടുന്നു അല്ലേ അവൻ ഭക്തനാണ് അവൻ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭഗവാനെ എനിക്ക് മുക്തി തരണേന്നുകൂടെ പ്രാർത്ഥിച്ചു തന്നിരിക്കും ഭക്തനൊരു സ്വഭാവമുണ്ട് നമ്മളെത്രയൊക്കെ മറച്ചു വച്ചാലും വെളി വരുന്ന ഒരു സ്വഭാവം എന്താണ് അവൻ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ശ്രേയസിനും പ്രേയസിനും വേണ്ടിയാണ് രണ്ടും കൂടെ ചേർത്ത് അവൻ പ്രാർത്ഥിക്കുന്നു അല്ലേ ഏറ്റവും വലിയ ഭക്തനായി നമ്മൾ അറിയുന്നാരാണ് ഗുരുവായിരപ്പൻ്റെ ഭട്ടതിരി എന്തിനാ പ്രാർത്ഥിച്ചത് ഏ മറ്റു പ്രാർത്ഥിച്ചല്ലേ അതാ മറ്റതുകൊണ്ട് മറ്റതുകൊണ്ട് ഇതേ ഞാൻ പറയുന്നുള്ളൂ എവിടെ മൂലം ആരംഭിക്കുന്നു എന്നുള്ള അതുണ്ടോന്നുള്ളതാണ് അതുണ്ടോ അത് പട്ടതിരി എന്ന് പറയുന്നൊരു ഇതിഹാസ പുരുഷനല്ല ചരിത്ര പുരുഷനാണ് അല്ലേ ചരിത്രമുണ്ട് മുമ്പില് ഉണ്ടല്ലോ ഇത്രയും അറിവും ഇത്രയും ഭക്തിയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു പാരാസെറ്റമോഡ് കൊണ്ട് മാറാവുന്ന കാര്യത്തിനാണ് ഇത്രയും വലിയ ഭക്തിയെല്ലാം പ്രകടിപ്പിച്ച് ആണോ അല്ലെ അത് പിന്നെ അതെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ചു വഴി തെറ്റിക്കരുത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം വാദം എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാറുള്ള പ്രാണനാണ് എനിക്ക് നിങ്ങളെക്കാളും നല്ല രീതി വ്യാഖ്യാനിക്കാൻ അറിയാം അതുകൊണ്ടൊന്നും കാര്യമില്ല ഭാഗവത വ്യാഖ്യാതാക്കളൊക്കെ ഇരുന്ന് ഭാഗവതം വ്യാഖ്യാനിക്കുന്നത് കണ്ടാൽ അവിടെ നെഴുന്നേറ്റോടും പിന്നെ എന്താ ഇത്രയും ആൾ കൂടുന്നതെന്ന് വെച്ചാൽ അവർക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ട് അതുകൊണ്ടായിരിക്കുന്നത് അപ്പം വ്യാഖ്യാനത്തിന് എന്താ സമ്മർദ്ദിക്കും അതല്ല വാസ്തവതാണോ അപ്പോൾ അവൻ വീണ്ടും പോകുന്ന എന്തുകൊണ്ട് അവന് തുഷ്ടിയില്ല തിരിച്ചു വരുന്നു അവിടെ പോകുമ്പോൾ എന്തായാലും തുഷ്ടി കിട്ടും തിരിച്ചു വരുന്നു വീണ്ടും അവൻ എന്ത് ചെയ്യുന്നു അവൻ്റെ കർമ്മ മണ്ഡലത്തിലേക്ക് വരുന്നു എല്ലാം പോയി വീണ്ടും ഫ്ലാറ്റ് അപ്പോൾ അവൻ ഇവിടെ ഓരോ തവണയും അവൻ ഇവിടെ ഫ്ളാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കുറെ കാലം കഴിയുമ്പോൾ അവന് തന്നെ മനസ്സിലാവും ഇനി ശരിയല്ല അപ്പം അവൻ ഗുരുവായൂരിയുടെ അടുത്ത് വല്ല ഫ്ളാറ്റും കിട്ടുമെന്ന് അന്വേഷിക്കും ആണോ അല്ലയോ കാരണം ഇതിന് ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് അവൻ എന്താ കാണുന്നത് വയസ്സായി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പോക്ക് വരവ് ശരിയാവത്തില്ല എന്തായാലും ഇത് ഫ്ളാറ്റായി അപ്പോൾ അവിടെ ഒരു ഫ്ളാറ്റ് അടുത്തെങ്ങാനും കിട്ടിയ പിന്നെ അവിടെ സ്ഥിരം ഇരിക്കാം ഇതാണ് ഭക്തന്റെ അവസ്ഥ സാധാരണ അങ്ങനെയാണ് പിന്നെ അതിനും കുറച്ചുകൂടി അസാധാരണ ഭക്തന്റെ കാര്യം പറഞ്ഞ് ഇതാണ് പിന്നെ ഇനി അതി അപ്പുറമുള്ള ഭക്തന്മാരുണ്ടെങ്കിൽ ശരി അപ്പോൾ ഭക്തിയുടെ സാധാരണ രീതി ഇതാണ് എന്നുവെച്ചാൽ അതുകൊണ്ട് അവനൊരിക്കലും ഇതിനെ സ്ഥിരമായി മാനേജ് ചെയ്യാൻ പറ്റത്തില്ല താത്കാലിക പറ്റും അതവൻ ഒരിക്കലും തിരിച്ചറിയരുത് വാസ്തവത്തിൽ ഇത് എവിടെയാണ് തകരാറ് ഇതിന്റെ തകരാറ് എവിടെയാണ് ഇവൻ്റെ കുഴപ്പമെന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷേ ഇത് ഗുരുവായൂർപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമാണ് മനസ്സിലായോ ഏ പറഞ്ഞു മനസ്സിലായോ മനസ്സിലായ മനസ്സിലായി തലയാട്ടരുത് പറ്റത്തില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ നൂറുധാഹാരണം പറയും അതൊന്നുമല്ല അതൊക്കെ നമ്മൾ അധ്വതിച്ച് പറയുന്നു അവിടത്തെ ഗുരുവായൂരപ്പിന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം പറഞ്ഞിട്ട് എന്താ കൃതകൃത്യതൊക്കെ പറഞ്ഞിട്ട് എന്താണ് അത് രണ്ടും നമ്മുടെ ഒരു ബന്ധവും ഇതില് ഗുരുവായൂരപ്പിന് എന്താ പ്രശ്നം അതാ ഞാൻ ചോദിക്കുന്നു അത് പറയുന്നു ഏത് ഉദാഹരണം പറയുന്നു ചിന്തിച്ച് നമ്മൾ ഒരുപാട് അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ നമ്മളത് ചിന്തിക്കാറില്ല അതാ പ്രശ്നം എൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ പല ഉദാഹരണങ്ങളുണ്ട് ശരിയായിട്ട് ചിന്തിച്ചിട്ട് എന്നെ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനും നോക്കത്തില്ല നിങ്ങൾക്കല്ല ഗുരുവായൂരപ്പൻ വന്നാലും നിഷേധിക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ നിഷേധിക്കുന്നു ഒരു ഉദാഹരണം പറയാം എൻ്റെ ജീവിതത്തിൽ നേരിട്ട അനുഭവപ്പെട്ടത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഒരു ഡോക്ടറാണ് ഞാൻ കഥ പറയുകയല്ല ഈ സംഭവം നമ്മുടെ ഇവിടെ അടുത്തിരിക്കുന്ന ഡോക്ടർക്കും അറിയാം ഞാൻ കാരണം ഈ കാര്യം ഞാൻ ഈ ഡോക്ടറോട് മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് ഈ സംഭവം നടക്കുമ്പോൾ നമ്മളീ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർക്കും അറിയാം വലിയ ഗുരുവായൂരൂപ്പ ഭക്തനായിരുന്നു ക്യാൻസർ അദ്ദേഹത്തിന് പിടിപെട്ട് ഭാര്യയും ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ രോഗത്ത് കാരണം ഡോക്ടർ അല്ലേ അവർക്കറിയാൻ പറ്റും ഇത് ചെയ്യുന്നത് എനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായി പക്ഷേ ഒരു വിശ്വാസം അദ്ദേഹത്തിന് മനസ്സിലാവു ശേഷിച്ച് എന്താണ് ഗുരുവായൂരപ്പൻ ചിലപ്പോൾ രക്ഷിക്കും കാരണം ഒരു ഭക്തനായതുകൊണ്ട് എങ്ങനെ രക്ഷിക്കും നേരിട്ടെന്തായാലും രക്ഷിക്കില്ല അങ്ങനെയാണ് ആയുർവേദത്തിൽ വന്നത് അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത് അത് നിങ്ങൾക്കറിയാമല്ലോ എന്താണ് സംഭവം ഒരു മൂന്ന് മാസം എത്തിയില്ല അതെന്റെ തീരുമാനമായി അതിനിടയ്ക്ക് കിടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് ഈ മനുഷ്യൻ അദ്ദേഹം ഇംഗ്ലീഷ് ഡോക്ടറായതുകൊണ്ട് വേദനയ്ക്കുള്ള മരുന്നുകളൊക്കെ അദ്ദേഹം കഴിച്ചോണ്ടി ഒരു ഭാഗത്ത് ആയുർവേദ ചികിത്സ ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ മനുഷ്യന്റെ നിലവിളി മിക്കവാറും എനിക്ക് പറ്റിയ സമയം മുഴുവൻ ഞാൻ ഈ മനുഷ്യന്റെ അടുത്തുണ്ടായിരുന്നു രാവും പകലും കാരണം നമുക്കെന്തെങ്കിലും ഒരാശ്വാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള ആശ്വാസം എന്താണ് ഇത് ഗുരുവായൂരപ്പം വിചാരിച്ചിട്ട് നടക്കുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ച നടക്കും ഇതങ്ങ് മാറ്റാൻ പിന്നെ നമ്മൾ ആശ്വാസ വാക്കുകളൊക്കെ പറയുക മനോബലം കൊടുക്കുക അപ്പം ഇദ്ദേഹം എപ്പോഴും ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ പറയും ഗുരുവായൂരപ്പ എല്ലാം ശരിയാക്കും ഇദ്ദേഹത്തിന് പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരിക്കും ഇദ്ദേഹം പറയുന്നത് ശരിയാക്കണ്ട മരിക്കുന്നെങ്കിൽ മരിച്ചു പോട്ടെ എനിക്ക് കഷ്ടപ്പാടിന്ന് എനിക്കൊരു മോചനം തന്നാൽ മതി നമ്മുടെ അദ്ദേഹം പ്രാർത്ഥിച്ചത് നേരത്തെ പറഞ്ഞു അതെല്ലാം മാറും ഇദ്ദേഹം മരിക്കുന്നതിന്റെ മൂന്ന് വർഷം മുമ്പ് വരെ ഞാനിത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു രാവും പകരം ഉണ്ടായിരുന്നു യാതൊരു പ്രയോജനം ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഇതെന്തുകൊണ്ട് ദുരുവായൂരപ്പിന് കൈ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല അതാണ് എൻ്റെ ചോദ്യം ആർക്ക് എനിക്കാ എന്നെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ശരി ഏ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ എന്ന് പറഞ്ഞിരിക്കട്ടെ ഇനി പറയരുത് ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചു പറയാം മതപ്രഭാഷണത്തിൽ പറയാം ഇവിടെ ഇവിടെ ചർച്ചയിൽ പറയുന്നു കാരണം ഇത് എന്തുകൊണ്ട് ഗുരുവായൂരപ്പിന് ശരിയാക്കി പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇതിനുള്ള മരുന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചില്ല അത് തന്നെ ആണോ അല്ലെ ഈ രോഗത്തിനുള്ള മരുന്ന് മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ എന്തു ചെയ്യുന്നതിനു ഈ ആപ്ലിക്കേഷൻ നിരന്തരം ഗുരുവായൂരപ്പൻ്റെ ഓഫീസിൽ ചെന്നുകൊണ്ടിരുന്നു അതിന്പ്പുറത്ത് ക്യാൻസറിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ ചെന്നപ്പോഴപ്പം ഒരു ഗുരുവായൂരപ്പൻ അവരോട് പറയാം അത് നോക്കും ഇങ്ങനെ ഒരു പുതിയ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നു അവർ നോക്കും പറയും എന്താ പ്രശ്നം ഇങ്ങനെയാണ് ക്യാൻസറാണോ ശരിയാക്കാൻ പറ്റില്ല എന്തുകൊണ്ടിന് മനുഷ്യൻ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാ പിന്നെ മടക്കി വിട്ടില്ലേ നിരന്തര ഈ ആപ്ലിക്കേഷൻ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഗുരുവായൂരപ്പന്റെ കുറ്റം എന്താണ് നോക്ക് അല്ല നിങ്ങൾ പറയുന്നത് എന്താണ് ഞാനൊരു സാധാരണ മനുഷ്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ കിടന്ന് ഇങ്ങനെ കരഞ്ഞ് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്റെ ഉറക്കം കളയുന്നു ഞാനെന്റെ ഉറക്കം പോലും കളഞ്ഞിട്ടാ മനുഷ്യന്റെ അടുത്തിരുന്നു മൂന്ന് മാസം എനിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നിട്ടല്ല അച്ഛൻ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു അതായത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഗുരുവായൂരപ്പന്റെ സൃഷ്ടിയാണ് സ്വന്തം മകനാണ് അപ്പോ ഇത്രയും കിടന്ന് കരയുന്ന കാണുന്ന മനുഷ്യത്വമുള്ള ഒരു ഗുരുവായൂരപ്പനായിരുന്നെങ്കിൽ ദൈവികത്വം പോട്ടെ എന്റെ അത്രയെങ്കിലും മനുഷ്യത്വമുള്ള ഒരു ഗുരുവായൂരപ്പനാണ് അപ്പോൾ അത് മാറ്റി കൊടുക്കത്തില്ലേ അല്ലെങ്കിൽ പിന്നെ ഈ ഗുരുവായൂരപ്പൻ കരുണ ഉള്ളവനാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥം ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ അല്ലെ നിങ്ങൾ പറയണം ശരി പറയുന്നു അയാൾക്ക് വിശ്വാസം കുറവാണ് അയാളുടെ അല്ലേ നിങ്ങൾ ആരെങ്കിലും പുറത്തിറങ്ങി എന്തെങ്കിലും വേണ്ടാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും നീ ആരുടെ മോന നിന്നെ നേരെ വളർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നല്ലേ ചോദിക്കുന്നു അല്ലേ അപ്പോ ഇവന് വിശ്വാസമില്ലാത്ത ഇവനെ വിശ്വാസമില്ലാത്തവനാക്കി എന്നാർ ആരാ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ ഗുരുവായൂരപ്പനാണ് കാരണം സൃഷ്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ് ആർക്കാണ് ഗുരുവായൂരപ്പനാണ് അപ്പോൾ ആ സൃഷ്ടിയിൽ ഏതെങ്കിലും ഒരുത്തൻ പെസകായാ അതിന് ഉത്തരവാദിത്വം വേറെ ആർക്കും പോകത്തില്ല അതല്ല ഗുരുവായൂരപ്പ സൃഷ്ടിച്ചപ്പോൾ കറക്റ്റായിട്ടാണ് സൃഷ്ടിച്ചത് ഇവൻ പിന്നീട് ഇങ്ങനെ ആയിപ്പോയതാണ് എന്ന് പറയും അങ്ങനെ പറഞ്ഞൂടെ സൃഷ്ടിച്ചപ്പോൾ എന്തായിരുന്നു പെർഫെക്റ്റ് ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മാറിപ്പോയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ സർവജ്ഞനല്ല എന്ന് വരും കുറച്ചു കഴിയുമ്പോൾ മാറുന്ന ഒരുവനെ നേരെ എന്തിനാദ്യം സൃഷ്ടിച്ചു നാളെ മാറുമെന്ന് ഗുരുവായൂരപ്പൻ അറിയിച്ചില്ലേ സർവജ്ഞനായ ഗുരുവായൂരപ്പനാണെങ്കിൽ അറിയാം അവൻ നാളെ പെശകാവും അപ്പോൾ ഒന്നുകിലവനെ സൃഷ്ടിക്കാതിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ പെശകന്തി ചെയ്യണം പരിഹരിക്കണം സർവജ്ഞനാണ് അപ്പോൾ ഗുരുവായൂരപ്പിനെ നേരെ അറിയണ്ടേ ഞാൻ ഗുരുവായൂരപ്പിനെ പ്രോസിക്യൂട്ട് ചെയ്യല്ല ഇതിൻ്റെ തത്വത്തെ പറയുകയാണ് എന്തുകൊണ്ട് ഭാഷകാരൻ നിഷേധിച്ചു അത് പറയുകയാണ് അപ്പോൾ അയാൾ വേദനിച്ച് വേദനിച്ച് മരിച്ചു ഇനിയിപ്പോൾ പറയുകയാണ് എന്തായാലും സമാനം പറയുന്നു ഇനി ഉദാഹരണം കേൾക്കണോ ഏ വേണ്ട എന്ന് വെച്ചാൽ അതാണ് ആദ്യം പറഞ്ഞത് ഗുരുവായൂരപ്പൻ നിസ്സഹായനാണ് മരുന്ന് മനുഷ്യൻ മരുന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്തുവരും ഇപ്പോ കോവിഡ് നയന്റീൻ മനുഷ്യർ ആയിരക്കണക്കിന് ലക്ഷം കഴിഞ്ഞു മനുഷ്യനൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ ഗുരുവായിരപ്പേറി ഇടപെടും ഇടപെടുന്നില്ലേ അതുവരെ എന്തു ചെയ്യും ഗുരുവായൂരൊക്കെ മാറിയിരിക്കട്ടേ ഉള്ളൂ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ വിശ്വാസം കൊണ്ട് നടക്കും എന്നാണ് പറയുന്നതെങ്കിൽ ചില കാര്യങ്ങൾ വിശ്വാസം കൊണ്ട് നടക്കുന്നത് ശരിയാണ് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് മനസ്സിന്റെ ഒരിത് ഇപ്പൊ ഒരാൾക്ക് ഒരാക്സിഡന്റ് പറ്റി മുട്ടിൻ്റെ അവിടെ വെച്ച് മുറിച്ച് മാറ്റി അയാൾ പ്രാർത്ഥിക്കുകയാണ് ഈശ്വരനോട് അത് ഹിന്ദു ദൈവമാകാം ക്രിസ്ത്യൻ ദൈവമാകാം ഇസ്ലാം ദൈവമാകാം ഏതെങ്കിലും ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മുട്ടിൻ്റെ എവിടെ നിന്ന് താഴോട്ട് വളർന്നു വളർന്നു വളർന്ന് താഴോട്ട് വന്ന് കാലിലൊരു പാദം വന്ന് അതിൽ വിരലുകൾ വന്ന് നഖങ്ങൾ വന്ന് പഴയതുപോലെ ആകണമെന്നും നല്ല സ്വയം പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്നൊരാൾ പറഞ്ഞില്ലേ അയാൾക്ക് വിശ്വാസം കുറവാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞാൽ അതിൽ കൂടുതൽ വിശ്വാസം ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് ഇയാളുടെ കാല് പഴയതുപോലെ ആക്കി തരുക പറ്റുമോ വിശ്വാസം നിങ്ങൾക്ക് എത്ര വിശ്വാസം നിങ്ങളുടെ കയ്യിൽ എത്ര അട്ടൺ വിശ്വാസം ഇല്ല ഒരാളിൻ്റെ കാലം മാറ്റിത്തന്ന നിങ്ങളൊരു വിശ്വാസിയാണെന്ന് ഞാൻ പറയാം ഇന്നുവരാരെങ്കിലും സാധിച്ചിട്ടുണ്ടോ മനുഷ്യൻ്റെ ചരിത്രത്തിലുണ്ടോ ഉണ്ടോ ഇല്ല ചില അമീവകളുടെ ചരിത്രത്തിലുണ്ടോ അത് മുറിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വരും ആ ചരിത്രം പഠിച്ചിട്ടുണ്ടോ ഏ ചില ജീവികൾക്ക് അങ്ങനെയുണ്ട് മുറിച്ചു കഴിഞ്ഞാൽ വീണ്ടും വളർന്നു നമ്മളെ കരള് ചിത്തിക്കിളഞ്ഞ് വളർന്നു വരും ഞാൻ അതിൻ്റെ കാര്യമില്ല പറയുന്നത് അത് ഗുരുവായിരപ്പൻ ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞ സമ്മതി ഇത് ഗുരുവായിരപ്പ്യൻ ചെയ്യണം പറ്റുമോ ആംബ്യൂട്ടേഷൻ ചെയ്ത ഒന്ന് പഴയ രീതിയിലാക്കുക അപ്പൊ ഇതൊക്കെ പറയുന്നുകൊണ്ടാണ് എനിക്കിതൊക്കെ പറയേണ്ടി വരുന്നത് ഭാഗവതത്തിലായിട്ട് പോയത് കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നില്ല ഞാനൊന്നും പറയത്തില്ല ഒരിക്കലും നടക്കില്ല നിങ്ങളുടെ വിശ്വാസം എത്ര ശക്തിയുള്ളതായാലും ശരി അത് നടക്കും എന്നാണ് എന്ന് നടക്കും എന്നു നടക്കും ഒരു കാലത്തും മനുഷ്യനീ വിദ്യ കണ്ടുപിടിക്കും ഈ ക്ലോണിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വിദ്യ ഈ കാലിനെ വളർത്തുന്ന വിദ്യ കണ്ടുപിടിക്കും അതിനെ കുറിച്ചുള്ള ഗവേഷണമൊക്കെ നടക്കുന്നുണ്ട് കരളിന് വളരാമെങ്കിൽ എന്താ കാലിന് വളർന്നുപോയി അന്ന് കണ്ടുപിടിക്കുന്ന കാലത്ത് നിങ്ങൾ പോയി ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പെന്ത് ചെയ്യും കാലു വരുത്തി തരും അതുവരെ ഗുരുവായൂരപ്പനും ഇനിയാണ് ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നിർത്താം നൂറ് വേക്കൻസി ഉണ്ട് സാധാരണഗതിയിൽ ഇവിടെ പത്തു ലക്ഷം പേരാ പരീക്ഷ എഴുതുന്നത് േ ഇതിൽ ഒമ്പത് ലക്ഷം പേരും പോയി ഗുരുവായൂർപ്പനോട് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ജോലി കിട്ടണേ ഇതും അവിടെ ആപ്ലിക്കേഷൻ ആ ഡിപ്പാർട്ട്മെൻ്റിൽ ചെന്നു പി എസ് സിയുടെ ഡിപ്പാർട്ട്മെൻറ് ഗുരുവായിരപ്പൻ്റെ ഡിപ്പാരുവായിരപ്പ് ആപ്ലിക്കേഷൻ ഒക്കെ എടുത്തു ഒമ്പത് ലക്ഷം എത്ര ഒമ്പത് ലക്ഷം ഇതിലാർക്കും കൊടുക്കും ഒമ്പത് ലക്ഷം പ്രാർത്ഥനയുണ്ട് നൂറ് വേക്കൻസിയുള്ളു ഗുരുവായൂരപ്പന് ആർക്കും കൊടുക്കും പറയൂ ആർക്കാണ് കൊടുക്കുന്നത് ഗുരുവായൂരപ്പൻ നീതിമാനാണ് എല്ലാം സ്വന്തം മക്കളാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ആർക്കും കൊടുക്കുന്നു ഡിപ്പാർട്ട്മെൻ്റ് ആലോചിക്കും എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഉണ്ട് നൂറ് ലക്ഷം ആപ്ലിക്കേഷൻ ഒന്ന് പരിഗണിക്കാൻ പറ്റൂ ആർക്കാണ് അപ്പോൾ അവർ പറയും ഒരു കാര്യം ചെയ്യുക നല്ലവണ്ണം എഴുതി കൊടുക്കുക ആരാണോ നല്ലവണ്ണം എഴുതിയിരിക്കുന്നത് അവർക്ക് കൊടുക്കുക അപ്പം ഇതിലെ ബ്ലൂടൂത്ത് ചെവി വെച്ച് എഴുതിയവനുണ്ട് മനസ്സിലായോ ഇന്റർവ്യൂ ബോർഡിനെ സ്വാധീനിച്ചവനുണ്ട് ഇവരെയൊക്കെ കാര്യം ഗുരുവായൂരപ്പന് പരിഗണിക്കാൻ പറ്റുമോ നീതിമാനല്ലേ ഏ ഗുരുവായൂരപ്പൻ അവരെ പരിഗണിക്കുമോ അതൊന്നും പറ്റത്തില്ല അപ്പ ശരി നല്ലവണ്ണം എഴുതിയവന് കൊടുക്കാൻ പറഞ്ഞു നല്ലവണ്ണം എഴുതിയവൻ അവന് അപ്പോയിൻമെന്റ് ഓർഡർ വന്നില്ല വീണ്ടും ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്നു ഞാൻ ഏറ്റവും നല്ല രീതിയിൽ എഴുതിയാണ് എനിക്ക് കിട്ടിയില്ലല്ലോ ഉടനെ ഗുരുവായൂർ വീണ്ടും ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിക്കാൻ പറയും എന്താ പറ്റിയത് അപ്പം അവർ നോക്കിയിട്ട് പറയും ഇതിന് നമുക്കിത് ഒരു കാരണവശാലും ഇടപെടാൻ പറ്റില്ല ഇതി ഇടപെടണമെങ്കിൽ ഇവിടെ എന്താണ് സ്റ്റേറ്റ് അസംബ്ലി പാർലമെന്റ് രാജ്യസഭ ഹൈക്കോടതി സുപ്രീം കോടതി പിന്നെന്താണ് റൊട്ടേഷൻ ക്രീമി ലെയർ അവസാനം ഇവിടെ ചെന്നേക്ക് നോക്കുമ്പോ ഇവിടെ ചെന്നേക്കും ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല റിസർവേഷൻ ചെന്നിരിക്കും ആണോ അല്ലേ ഏറ്റവും നല്ലോണം പരീക്ഷ എഴുതിയവനും പിറകിപ്പോയി എന്താ ഇതിൽ ഗുരുവായൂർ പിന്നെ ഇടപെടാൻ പറ്റുമോ റിസർവേഷനാണ് സംഭവം ഇത് മനുഷ്യൻ ചെയ്തു വെച്ച ഒരു കുലുമാനാണ് നമുക്കിത് ഇടപെടാനേ പറ്റത്തില്ല നല്ലവണ്ണം എഴുതിയെന്ന് ജോലി കൊടുക്കാനാണ് പറഞ്ഞത് പക്ഷെ ഇങ്ങനെ ചില പുതിയ ഇടപാട് ഇത്രയും സുപ്രീം കോടതി വിധികളും ഹൈക്കോടതി വിധികളും പാർലമെന്റിന്റെ നിയമങ്ങളും ഇതൊക്കെ നോക്കിയിട്ട് ഇതിലൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ എത്ര കാലം വേണ്ടി ഒരു ഇനി ഗുരുവായൂപ്പിനായിക്കോട്ടെ പറ്റുമോ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഇപ്പൊ പറയുന്നത് ശരിയാണോ നേരത്തെ പറഞ്ഞ് തെറ്റാണെന്ന് അപ്പോ എന്തി ഞാനിപ്പോ പറയുന്നതും മതപ്രഭാഷണം തന്നെ പക്ഷെ നിങ്ങൾ കേട്ട മതപ്രഭാഷണം ഇത് ഞാൻ സ്വയം ചിന്തിച്ച മതപ്രഭാഷണം മനസിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സാരം ഇതാണ് ഭാഷകാരം പറഞ്ഞ ഇതാണ് ഈ പോയിന്റിലേക്ക് വരും ഈ പറയുന്ന തുഷ്ടി എന്ന് പറയുന്നത് എന്റെയൊക്കെ ആത്യന്തികമായി മനുഷ്യൻ ആഗ്രഹിക്കുന്ന സന്തുഷ്ടിയാണ് ആ സന്തുഷ്ടി എന്ന് പറയുന്നത് സഗുണേശ്വരൽ നിന്ന് കിട്ടിയാൽ അത് താൽക്കാലികമായിരിക്കും എന്താ പറയുക ഭാഷകാരന്റെ അഭിപ്രായം ശരി അതൊന്നുമല്ല ഇതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ കൂടെ പറയുന്നത് ശരിയായ ഭക്തന്മാരുടെ കാലമാണ് ഭക്തന്മാർ ഇതിനൊന്നും വേണ്ടിയല്ല ക്യാൻസർ മാറാനോ പി എസ് സിയുടെ പരീക്ഷ പാസാകാനോ ഇതിനൊന്നും വേണ്ടിയല്ല ഭക്തന്മാർ ഭഗവാന് ഫലിക്കുന്നത് പിന്നെയോ മുക്തിക്ക് വേണ്ടിയിട്ടാണ് ശരി ഇനി അതിലേക്ക് പോകാൻ ഭാഷകാരന്റെ അഭിപ്രായം എന്താണ് ആ മുക്തി എന്ന് പറയുന്നത് എവിടെ പോകുന്നു വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ പോകുന്നു അതിനെക്കുറിച്ച് ശ്രുതി എന്താ പറയുന്നത് ആ ഭൂതസംബ്ലവം സ്ഥാനം അമൃതത്വം അങ്ങനെ ഏത് ലോകത്ത് പോയി അമൃതത്വത്തെ പ്രാപിച്ചാലും അത് കൽപ്പാന്തം വരെയുള്ളൂ അത് കഴിയുമ്പോൾ തീരും അതിൻ്റെ അത്രമുള്ള ബ്രഹ്മലോകത്തിൻ്റെ രക്ഷയും പിന്നെയാണോ വൈകുണ്ഠവും കൈലാസവും ഒക്കെ വൈകുണ്ടാധിപതിക്കും കൈലാസാധിപതിക്കും രക്ഷയില്ല കൽപ്പാന്തം വരേയുള്ളൂ പുരാണ ഗുരു സമ്മതിക്കുന്ന കാര്യമാണ് അവിടെ ഈ റൊട്ടേഷനാണ് എന്നാ പറയുന്നത് അപ്പം പിന്നെ എങ്ങനെ നിത്യ തൃപ്തി എങ്ങനെ സാധ്യമാകും എങ്ങനെ സാധിക്കും അപ്പം പറയും അതൊന്നുമല്ല ഏ ഞങ്ങൾ പറയുന്നതൊന്നുമല്ല ഞങ്ങളുടെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഭഗവാനായി തന്നെ ഇരിക്കുകയാണ് ആ ഭക്തിയാണ് അല്ലേ അവിടെ ഈ പ്രശ്നമൊന്നുമില്ല അതാണ് ഭാഷകാരൻ പറയുന്നത് അപ്പം നിങ്ങളുടെ ഭക്തി എവിടേക്ക് വന്നോ ഭാഷത്തിലേക്ക് വന്നു അപ്പം ഇപ്പോ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഗുരുവായൂരപ്പനോക്കെ ഒരു പ്രശ്നമില്ല എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭക്തൻ തന്നെ ഭഗവാനെന്നു പറഞ്ഞാൽ പ്രശ്നം തരും ഇതാണ് ഭാഷകാരൻ പറയുന്നത് അപ്പൊ പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതെല്ലാം ഞാൻ ശരി ഭക്തൻ ഭഗവാൻ തന്നെയാണ് ബാക്കിയുള്ളതെല്ലാം എന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഈ ഏർപ്പാടുകൾ അതിനപ്പുറം ഇതിനൊന്നും കാര്യമില്ല ഇതാണ് ഭാഷകാരൻ്റെ നിലപാട് നമുക്ക് അംഗീകരിക്കാം തിരസ്കരിക്കാം ചോദിച്ചതിന് ഞാൻ സമാനം പോലും അപ്പോൾ ഭാഗവതത്തെ രണ്ട് രീതിയിലും മനസ്സിലാക്കാം നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലും മനസ്സിലാക്കാം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വാ പളിച്ചിരിക്കും എന്തുകൊണ്ട് അത് മൂഢന്മാരുടെ ഭാഗവതമാണ് ഭാഷകാരൻ അതിനീകരിക്കുന്നു മൂഢന്മാർക്ക് അത് വേണം ഇവിടെ പറയുന്നത് പരമാർത്ഥത്തെ ബോധിക്കുന്നവന്റെ ഭാഗവതമാണ് അത് വേറെ ആ ഒരു മൂഢന്മാരുടെ തലത്തിൽ അതെങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മൂഢൻ ആഗ്രഹിക്കുന്ന എന്താണ് ജീവിത അന്ത്യം വരെ മൂഢനായി തന്നെ കഴിയണമെന്നാണ് അവനെപ്പോഴും പറഞ്ഞുകൊണ്ടേരിക്കും എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാകത്തില്ല അതാണ് അവനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ശരി അത് അവൻ്റെ അവൻ അങ്ങനെ തന്നെ വിട്ടിരിക്കുന്നു എന്താണ് അതിന് പിന്നെ മാറ്റമൊന്നും വരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അത് ആ ഭാഗം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ് കടത്തു പോയോ അങ്ങനെ തോന്നുന്നുണ്ടോ ആർക്കെങ്ങനെ ഉം ഇല്ല ഒരാൾക്കെങ്ങനും തോന്നിയില്ലോ ഇല്ല ബാക്കി ആരും വണ്ടിയില്ല അപ്പൊ എല്ലാരും കടുത്തിരിക്കാൻ പറഞ്ഞില്ല നിങ്ങളാരെങ്കിലും കേട്ടോ ഈ പറയുന്ന ദോഷം ഞാൻ ദോഷമെന്നുള്ള വാക്കേ ഉപയോഗിച്ചില്ല ഏഹ് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനെന്താണ് പറഞ്ഞെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി മലയാള ഭാഷയിൽ തന്നെ ഇതിൽ ചിലപ്പോൾ നമ്മുടെ കാശ്മീരിക്കൊക്കെ ചിലപ്പോൾ പിടികിട്ടില്ലെന്ന് വരും കാരണം എൻ്റെ ഭാഷയിലുള്ള തകരാറും അവർക്ക് പോലും പിടികിട്ടി പിടികെട്ടിയില്ലേ പിടികെട്ടി കഷ്ടപ്പെട്ട് മലയാളം പഠിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല വരാശ്രയ തോന്നുന്നു ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക ഞാൻ പറയുമ്പോ ഞാൻ പറയുന്നതിനെങ്ങനെ കൗണ്ടർ ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരു അപ്പൊ പലതും തോന്നുന്നു പല ഐഡിയകളും വരും അത് വേസ്റ്റാണ് വ്യർത്ഥമാണ് അതിനി ജനിക്കേണ്ടി വരും ഒരുത്തൻ ഇതുവരെ ജനിച്ചവരാരും ഇല്ല നടക്കുന്ന കാര്യമില്ല പണ്ട് എന്താണ് കാക്കേശ്ശേരി ഉണ്ടാക്കിയില്ലേ അതുപോലെ ഒരാൾ നിങ്ങൾ ഹോമം നടത്തേണ്ടി ഒരു ഗണപതി ഹോമം പോരാ ഒരു അതിന് ഗണപതി ഹോമം ഒന്നും പോരാ പുതിയ ഹോമം കണ്ടുപിടിക്കുന്നു എന്നാണത് അതുപോലെ അതിലൊന്നും കാര്യമില്ല ഈ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് പിൻവലിക്കാൻ ഉദ്ദേശവും ഇല്ല പിൻവലിപ്പിക്കാനോട്ട് നിങ്ങളെ കൊണ്ട് സാധ്യവുമെന്താണ് അപ്പൊ അതൊരു എന്താണ് ഒരു തത്വശാസ്ത്രമാണ് ഈ പറയുന്നത് എന്റെ അഭിപ്രായമാണ് ഞാൻ ഭാഷികാരം പറഞ്ഞതിനൊന്ന് വിശദീകരിച്ചതന്നേ ഉള്ളൂ അല്ല എന്റെ സ്വന്തം സംഭാവനയൊന്നുമില്ല എനിക്ക് ആകാശത്തൊന്ന് പൊട്ടി വീണ ഒരു അറിവ് എൻ്റെയിലില്ല അങ്ങനെയില്ല അങ്ങനെ ഒരു അറിവ് എനിക്ക് ഉണ്ടായതല്ല അതുകൊണ്ട് മറ്റേ ഇദ്ദേഹത്തിനുണ്ടായാണ് എന്താണ് സർ ഐസക് നൂട്ടണ് എന്താ അദ്ദേഹത്തിന്റെ ഒരു തലയിൽ എന്തോ യൂണിറ്റ് ഒരറിവുണ്ടായു ആണോ ആ അതെയല്ല ഐസെക്യൂട്ടൺ അങ്ങനെയുള്ള ഒരറിവെന്ന് എനിക്ക് അതും തല യൂണിറ്റ് ഉണ്ടായ അറിവൊന്നും അല്ല ആ സമയത്ത് ഒരു ചക്കയാണ് കൊണ്ടിരുന്നില്ല നിങ്ങൾ പറയും അവിടെ ചക്ക ഇല്ലായിരുന്നോ അത് പോട്ടെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക അറിവുണ്ടാവൂ അറിവ് തപസ്സിന്റെ ഫലമാണ് ആ മനുഷ്യൻ തപസ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞു നമ്മളെല്ലാം കാണുന്നു ഇപ്പൊ ഒന്നും കാണാതിരിക്കാൻ പറ്റിയില്ല പക്ഷെ അവിടെ നമ്മളെന്ത് ഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കാത്തത് ആ മനുഷ്യൻ ഗ്രഹിച്ചു അതാ വ്യത്യാസം നമ്മളെ നിലയിൽ ചക്ക വീണാനും നമ്മൾ പഠിക്കത്തില്ല പിന്നെ അല്ലേ ഒരു ആപ്പിള് തപസ്സാണ് അറിവെല്ലാം തപസ്സിന്റെ ഫലമാണ് തപസ് ചെയ്തവന് അറിവുണ്ടാവും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല തപസ്സാണ് എൻ്റെ പിന്നിൽ അത് ആരായാലും ഒരു ആധ്യാത്മിക ഗുരുവായാലും ഒരു സയന്റിസ്റ്റായാലും ശരി അല്ല ഒരു ബിസിനസ്സുകാരനായാലും ശരി എല്ലാ പ്രവൃത്തികളും അറിവിനെ എല്ലാവരുടെയും എല്ലായിടത്തും ഒന്നുണ്ട് അവരുടെ തീവ്രമായ തപസ്സുണ്ട് വിഷയം വേറെ തന്നെയുള്ളു അതുകൊണ്ടാണ് അറിവുണ്ടാകുന്നത് തപസ് ചെയ്ത അതുണ്ടാവും അതൊന്നുമ്പം പറഞ്ഞിട്ടുണ്ട് അറിവ് എവിടുന്നാണോ ഒരറിവ് നമുക്ക് പുറത്തൊന്നും കിട്ടുന്നില്ല പുറമേ കാണുന്നു ഉള്ളിൽ ഗ്രഹിക്കുന്നു ഉള്ളിൽ നിന്നത് വരുന്നു കാണുന്നത് അല്ല ഗ്രഹിക്കുന്നതാണ് മുഖ്യം അതുകൊണ്ട് ഭാഷകാരൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ഭാഷകാരൻ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് വിവരമുള്ള ആൾക്കാർക്ക് വേണ്ടി എഴുതിയാണ് നമ്മൾ ഓഡിയൻസായ ഭാഷകാരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും എഴുതിയില്ല വിശദീകരിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ഒന്ന് ചെയ്യാം എന്ന് എന്നെ കൊണ്ട് വിശദീകരിപ്പിക്കാതിരിക്കാം അത് ചെയ്യാം എന്നാ പറ്റ കമ്പം കണ്ട പൊട്ടനെ പോലെ ഇവിടെ ഇരുന്നാ മതി അത് കേട്ടിട്ടുണ്ടോ കമ്പമെന്ന് വെച്ചാൽ അറിയാം കമ്പം ഫയർ വർക്ക്സ് പൊട്ടണമെന്ന് പറഞ്ഞാൽ അറിയാമോ അപ്പോൾ കാര്യം മനസ്സിലായി അതുപോലെ ഇരുന്ന് കഴിഞ്ഞ പ്രശ്നം തീർന്നു നമ്മള് തമ്മിലൊരു പ്രശ്നമില്ല അങ്ങോട്ടിങ്ങോട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയും ഇവിടെ അതല്ല ഭാഷകാരൻ വളരെ ആഴത്ത് ചിന്തിച്ചിട്ടാ പറയുന്നു എന്ന് പറഞ്ഞാൽ ആ തുഷ്ടി നിത്യമായ തുഷ്ടി അത് മറ്റൊന്നിൽ നിന്നും കിട്ടത്തില്ല നമ്മള് ഇതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ അർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു സമാധാനം കിട്ടും വീണ്ടും നമ്മൾ അതിൽ തന്നെ നേടും വീണ്ടും സമാധാനത്തിന് പോകും വീണ്ടും അതിച്ചാടും അവസാനം നമ്മൾ ഫ്ലാറ്റിലാവും ബാക്കിയുള്ള കൂടെ അവിടെ കിടന്ന് അനുഭവിച്ച് എൻ്റെയും തീരും ക്ലോസ് ഗുരുവായൂരപ്പന് വിചാരിക്കുന്ന ഇതാണ് എന്താണ് ഗുരുവായൂരപ്പൻ ബുദ്ധിയില്ലാത്തയാളല്ല ഗുരുവായൂരപ്പൻ വിചാരിക്കുന്നതാണ് യവൻ പ്രാർത്ഥിച്ചോട്ടെ ഇവൻ ഏതുവരെ പ്രാർത്ഥിക്കും തീരുന്നതുവരെ അതോടെ പ്രശ്നം തീർന്നല്ലോ പിന്നെ ആപ്ലിക്കേഷൻ ഇല്ലല്ലോ അല്ലേ പ്രാർത്ഥിച്ചതുവരെ പ്രാർത്ഥിക്കും ദേവൻ അവസാനം വരെ പ്രാർത്ഥിച്ചുകൊണ്ടേ അതോടുകൂടി തീരും ഗുരുവായൂരപ്പന്റെ ശല്യവും ഒഴിഞ്ഞു കിട്ടി അവനാണ് ഗുരുവായൂരപ്പൻ ഇതെല്ലാം നിർനിമേഷനായി നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഭാഗവതം നല്ലതാണ് ശരിക്കും മനസ്സിലാക്കി ഇല്ലെങ്കിൽ അത് പുറത്തെടുക്കാതിരിക്കുന്ന അപ്പോ ആ എന്താണ് നിത്യമായ തുഷ്ടി എന്ന് പറയുന്നത് ആ നിത്യമായ തുഷ്ടി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട് മറ്റാർക്കും കിട്ടാത്ത ആ നിത്യതുഷ്ടി എന്താണെന്നുള്ളത് വേണമെങ്കിൽ ഇനിയും വിശദീകരിക്കാം